വീണ്ടും നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപക്കേണ്ട ഒരു സ്തോത്രം ഞങ്ങൾ ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയത് ഒരു മാസക്കാലം ഞങ്ങളിവിടെ ആഗ്രഹിക്കാൻ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഡെന്നി പറഞ്ഞ പോലെ ഞങ്ങൾക്കെല്ലാം ഇവിടെ വരുന്നത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്കതൊരു റിഫ്രഷ്മെൻ്റ് നൽകുന്ന ഒരു സമയമാണ് പലപ്പോഴും അവിടെ വർക്ക് പ്രഷറൊക്കെ ഇവിടുത്തെ കളക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ് ചിലപ്പം ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഒരു വെക്കേഷന് പോയിട്ട് വാന്ന് പറയും ഇപ്പോൾ ആൾക്കാർ വന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് വരുവാൻ ഞാന് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ കുടുംബമായി വന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലാത രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെയും ദാനമായി തന്നു അതിനാട്ടീ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നുണ്ടെന്ന് അറിയാം അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ ഇന്ന് ജ്യോതിപദ്ര വായിച്ച കാര്യം ശിയാവിൻ്റെ പുസ്തകം അറുപത്തൊന്നിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സിയോനിലെ ദുഃഖിതന്മാർക്കും വെണ്ണീറിന് പോലും അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും ഭക്ഷണ മനത്തിന് പകരം സ്തുതി എന്ന മേലാട കൊടുക്കുവാനും അവനെന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്യം നമുക്ക് ഈ വാക്യം ഇന്ന് പല നിലയിൽ നാം കേട്ടു സാഗ്ബദറിൻ്റെ ഒരു പുസ്തകമുണ്ട് ബ്യൂട്ടി ഫോർ ആഷസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നാൽ ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലിൽ ഞാൻ വിശ്വാസി വരുന്ന സമയത്ത് വിശ്വാസത്തിൽ വരാൻ കാരണം തന്നെ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് റഷ്യയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു പക്ഷേ ബുദ്ധിമുട്ടൊന്നും മാറിയിട്ടില്ല അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു സന്തോഷമുണ്ട് ഭാരമുണ്ട് അതുണ്ട് ഒരു ദിവസം അന്ന് എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല ബൈബിളിൽ എന്നതാണെന്നോ അത് ബൈബിളിനോടൊരു പരിചയമില്ല അന്ന് ദൈവം ഒരു ദിവസം വാക്യം എന്നോട് ഇടപെട്ടു എന്നോട് ഇത് ഇടപെട്ടപ്പോൾ ഇത് എന്നാണെന്നൊന്ന് വായിച്ചു മലയാളം മനസ്സിലായി എനിക്ക് വിഷമമുള്ളൊരു സമയമാണ് ദൈവം എന്നോട് പറയുകയാണ് നിൻ്റെ ദുഃഖത്തിന് പകരം നിനക്ക് ഞാൻ ആശ്വാസം തരാൻ പോകും അതാണ് എനിക്ക് മനസ്സിലാകുന്ന ഏക കാര്യം അപ്പം ഞാൻ എനിക്കിതൊന്നും മനസ്സിലായില്ലെങ്കിലും ഭയങ്കര സന്തോഷം ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കുണ്ടായി അപ്പം എന്നെക്കാളും ബൈബിൾ അറിയാവുന്ന ഒരാളാണ് എൻ്റെ റൂംമേറ്റ് അദ്ദേഹത്തോട് വൈകുന്നേരം വന്നപ്പം ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു കണ്ടോ ഇന്നോട് ഇന്ന് ദൈവം ഇത് സംസാരിച്ചു എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഇതെടുത്ത് വായിച്ചു വേണ്ടിയിട്ട് പറഞ്ഞ് ഇത് വായിച്ചിട്ട് എനിക്കൊന്നും തോന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കും അങ്ങനെയല്ല അങ്ങനെയല്ല ഇതെന്തോ ഉണ്ട് ഇല്ല അവൻ പറഞ്ഞ ഒന്നുമില്ല സാധാരണ വാക്യമാണ് അപ്പോൾ എനിക്കിത് ഇന്ന് തിരിഞ്ഞ് ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകും ദൈവത്തിൻ്റെ വചനത്തിന് പിന്നിൽ ഒരാത്മാവുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് പിന്നിൽ ഒരാത്മാവുണ്ട് ഈ ആത്മാവ് വ്യാപരിക്കുമ്പോഴാണ് ഈ ദൈവവചനം നമ്മളോട് ഇടപെടുന്നത് മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് ഒരു കുറച്ചൊരു രൂപം ഉണ്ടാക്കി എന്നുകൊണ്ട് എന്ത് ചെയ്തു അന്നത്തെ ദൈവം ഒരു ശ്വാസം ഊതി കഴിഞ്ഞപ്പോൾ അത് ജീവനുള്ളതായിത്തീറും നമ്മളിതുപോലെ ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വചനത്തിൻ്റെ മേലൂടെ ഓടുമ്പോൾ അത് നമ്മുടെ മേലടിക്കുമ്പോൾ അത് ജീവനുണ്ടാകും ആ ജീവനുണ്ടാകുന്ന വചനം നമുക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല എന്താ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആഴമല്ല ഇതിൻ്റെ വചനത്തിൻ്റെ അറിവല്ല എനിക്കുണ്ടായത് എനിക്കുണ്ടായത് ഭയങ്കര ആശ്വാസം എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇൻറ്റർവ്യൂവിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ജോലി പോയിരിക്കുന്ന സമയം വിസയൊക്കെ അവിടെയുള്ളവർക്കറിയാം ഇവിടെ ജോലി പോയെങ്കിൽ നമുക്കൊരു ജോലി അന്വേഷിക്കാം അവിടെ ജോലി പോയാൽ വിസായും തീരും എല്ലാം തീരും തിരിച്ച് പോരേണ്ടതായിട്ടും വരും ഇന്നൊരു വ്രതർ പറഞ്ഞതുപോലെ പൈസ എല്ലാം തീർന്നു കേട്ടവരൊക്കെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോഴും സ്തുതി എന്ന അവിടെ സ്തുതിച്ചോണ്ടെന്നിരിക്കുമല്ലോ എനിക്ക് പാട്ടാണ് ഇങ്ങനെ ഞാൻ ഓരോ പാട്ട് പാടിക്കൊണ്ട് ബസ് നോക്കി നിൽക്കും ഒരു സന്തോഷം എനിക്കൊരു ഉറപ്പെന്ന് ലഭിച്ചു എനിക്കൊരു ജോലി കിട്ടും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ജോലി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ദൈവം ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റി ഒരു ആ ഒരു ജോലിയൊക്കെ എനിക്ക് ലഭിച്ച ആ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മളായിരിക്കുന്ന അവസ്ഥ നമുക്ക് തന്നെ അറിയാം പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടെ വ്യാപരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്ന് യാതൊരു കാര്യമില്ല ഇന്ന് ഹന്നയുടെ കാര്യം നമ്മളിപ്പം കേട്ടതുപോലെ ഹന്ന കരഞ്ഞപ്പോൾ എലി പുരോഗത്തിനൊന്നും മനസ്സിലായില്ല പക്ഷേ അവളുടെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട് പിന്നെ എഴുതിയിരിക്കുന്ന വാക്യം സമൂഹ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് നോക്കുവാണെങ്കിൽ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യം ഹന്നായ ദൈവം ഓർത്തു ദൈവം ഹന്നായ ഓർത്തു നമ്മളെ വ്യക്തിപരമായി ഓർക്കുന്നൊരു ദൈവം നോഹയുടെ കാലത്തിന് ദൈവം എഴുതിയിരിക്കുന്നത് നോഹയ ദൈവം ഓർത്തു എന്താ ദൈവം പറഞ്ഞിട്ടല്ലേ പെട്ടന്ന് ഉണ്ടാക്കി ദൈവം പറഞ്ഞിട്ടല്ലേ അല്ലേ ദൈവം മറന്നുപോയ ഇതിനിടയ്ക്ക് അതൊന്നുമല്ല ആ കാര്യം ദൈവം നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ വിഷയങ്ങളെ അറിയുന്നൊരു ദൈവമാണ് നമ്മളോട് ദൈവവചനം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവചനം എടുക്കണം പ്രാർത്ഥിക്കണം വിശ്വസിക്കണം ആ വിശ്വസിക്കാൻ പരിശുദ്ധമാണിതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട് നമ്മുടെ വിഷയം ചെറുതായിക്കോട്ടെ നമ്മുടെ വിഷയം വലുതായിക്കോട്ടെ നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എല്ലാവർക്കും നമ്മുടെ ഈ ലോകത്ത് ഏത് മനുഷ്യരും എടുത്തോ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട് എല്ലാവരുടെ ജീവിതത്തിൽ ദുഃഖത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് പല നമ്മൾ പഠിക്കുവാണെങ്കിൽ കാണാം ഇതൊരു മിശ്രിതമായിട്ടുള്ളൊരു ജീവിതമാണെങ്കിലും നമുക്ക് ദൈവം എന്താണ് ഒരു പ്രത്യാശ നൽകിയിരിക്കുന്നൊരു ഒരു കാര്യമാണ് പിന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ സംഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഒരു നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മറച്ചു വെച്ചിരിക്കുകയാണ് ദൈവം അത് നമുക്കിപ്പം വെളിപ്പെടുത്തിയിട്ടില്ല അത് നമുക്കിപ്പം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല നാം സാക്ഷാലായിരിക്കുന്നത് അന്നേ വെളിപ്പെടുത്തുള്ളൂ ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് വിശ്വാസത്തോടെ നോക്കി കാണുകയാണ് യേശുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു വലിയ പ്രോസസ്സിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല പൊലസോബസ്സോലൻ ഇങ്ങനെ പറഞ്ഞു രണ്ട് കൊനിന്ദിയർ അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് കടന്ന് വരുമ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വിഷയത്തെ പറയുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത് മൺപാത്രങ്ങളിൽ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ് ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നില്ലെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നതെങ്കിലും നശിച്ച് പോകുന്നില്ല അങ്ങോട്ട് ഇവർക്ക് ജീവിതത്തിൽ മുഴുവൻ പ്രയാസങ്ങളാണ് അവരെന്താ പറയുന്നത് സാഹചര്യം അങ്ങനെ അങ്ങനെ ആയിരുന്നാലും ഞങ്ങൾ അങ്ങനെയൊന്നും ആയിത്തീരുവെന്നില്ല അല്ല ആയിത്തീരുവാൻ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ ആയിത്തീരുവാൻ ഞാൻ നിൽക്കുന്നില്ല പലപ്പോഴും വിശ്വാസമെന്ന് പറയുന്ന കാര്യം സാഹചര്യങ്ങൾക്ക് അതീതമായ കാര്യമാണ് അവസാനം അദ്ദേഹം പതിനാറാം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുന്നാൽ പുതുക്കം പ്രാപിക്കുന്നു എന്തിനാണ് അകത്തെയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചിരിക്കുന്നത് നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏതു ആകുന്നു അതുകൊണ്ട് അപ്പൊ സല പറഞ്ഞു വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു എണ്ണ എടുക്കുക എണ്ണ എടുക്കുക ചില ആൾക്കാരുണ്ടല്ലോ പൈസ കുറവായിരിക്കും ഇപ്പോൾ അവന്തു ചെയ്യും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു വീട് പണി ആയിക്കോട്ടെ അല്ല മറ്റെന്തെങ്കിലും കാര്യം അവരാ കാര്യത്തിന് വേണ്ടി പൈസ മാറ്റി വെച്ചിട്ട് ഇവിടെ ചുരുക്കുക എന്തിനാണ് വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ചുരുക്കുക ഞാൻ എണ്ണുക വരാനുള്ള ആ വലിയ തേജസ് വിചാരിക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുവാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെയല്ല വിശ്വാസം ദൈവം ഒരു വിശ് ഒരു വ്യക്തിക്ക് അവന് കഴിയുന്നതിന് അവന് എടുക്കാൻ പറ്റുന്നതിന് മേലാൽ ഒരിക്കലും ഒരു ഭാരം ഒരിക്കലും പറ്റത്തില്ല ചില ഇപ്പം നമുക്ക് വിശ്വാസം കുറവായിരിക്കും ഇപ്പം കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ളതായി പറയാൻ ചില കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി അവർക്ക് ആ പറഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞില്ലെങ്കിൽ വരട്ടിയാൽ മതി ചില കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിന്നെ അവരെ ചെയ്യണം ഒന്ന് എടുക്കണം അവർക്ക് അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം നമ്മുടെ ഒരു പിതാവാണ് ദൈവം പലതരത്തിൽ പല രീതിയിൽ നമ്മളോട് ഇടപെട്ടെന്നിരിക്കും പക്ഷേ ദൈവം നമ്മളെ അറിയുന്നു ദൈവം നമ്മളെ ഓർക്കുന്നു നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ നമുക്കൊരുപക്ഷേ ബുദ്ധിമുട്ടാണെങ്കിലും നിത്യതയുടെ മൊത്തം വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്താ വരുന്നത് ഒരു നിത്യതേജസ്സിൻ്റെ ഒരു വലിയ ഖനം ആ ദിവസം നമ്മൾ ആനന്ദിക്കും ആ ദിവസം നമ്മൾ സന്തോഷിക്കും ചൊരിക്കും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയുള്ളൂ യേശു ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ പാട്ടുകാരനെപ്പോഴും എന്നെ ഉത്സാഹപ്പെടുത്തിയൊരു പാട്ടാണ് ഞാൻ അവനുള്ളം കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുന്നേ ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻ്റെ ഹിതമെന്ന് ഞാൻ അറിയുന്നു തൻ്റെ ഹിതമായിട്ട് നമ്മൾ ആ കാര്യങ്ങളെ നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ദൈവമേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മൾ സ്തോത്രം ചെയ്യുന്നു നമുക്ക് വിശ്വാസം ദൈവം നമ്മളിൽ വർദ്ധിപ്പിക്കട്ടെ അത് അതില്ലെങ്കിൽ നിരാശപ്പെടുന്നതിലൊന്നും പ്രയാസപ്പെടണ്ട ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളൊരു പ്ലാൻ നല്ലൊരു പ്ലാനാണ് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ളൊരു ഉദ്ദേശം നല്ലൊരു ഉദ്ദേശമാണ് അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ